മൂന്ന് അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്കു വേണ്ടി ഒരു വിശ്രാമ അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാല്യകാര്യത്തുകളുടെ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലേയോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തുറ്റുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക ആയാ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുതരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊളുക എന്നാൽ നീ എന്തു ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരുവരും നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്നവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ബോവസ് തിന്ന് കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവക്കുംഭാരത്തിന്റെ ഒരു വശത്ത് ചെന്ന് കിടന്നിടുന്നു അവളും പതുക്കച്ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നിടുന്നു അർദ്ധരാത്രി അവൻ ഞെട്ടിത്തിരിഞ്ഞു തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആർ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേനമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്നവൾ പറഞ്ഞു അതിനവൻ പറഞ്ഞത് മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കെയ ആദ്യത്തേതിൽ അധികം ദയാ ഒടുവിൽ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു നീ ഉത്തമ സ്ത്രീയെന്ന് എന്റെ ജനമായ പട്ടണക്കാർക്കെല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് ഈ രാത്രി താമസിക്ക നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണെ ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു രാവിലെ വരെ കിടന്നുകൊള്ളാം അങ്ങനെയവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ ആളറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കാം എന്നവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങഴി യവം അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കയ്യായി പോകരുതെന്ന് അവനെന്നോട് പറഞ്ഞു ഈ ആറിടങ്ങഴിയവോ എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു അതിനവൾ എന്റെ മകളെ ഈ കാര്യമെന്താകുമെന്ന് അറിയുവോളവളും നീ അനങ്ങാതിരിക്കാം ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കേയില്ല എന്നു പറഞ്ഞു